ചിലപ്പോൾക്കാർക്കെങ്കിലും സാക്ഷി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്പസമയം എടുക്കാം നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാറായല്ലോ നാം എല്ലാം ഈ വഴിയിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ച് ഓരോ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നമുക്ക് താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാണ് ഇന്ന് പ്രിയ സുരേഷ് സംസാരിച്ചപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത് കർത്താവ് ഈ വഴിയിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് തത്രപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുക പോസ്റ്റ് ഫോർ എ മിനിറ്റ് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നീ ആ നീ ആരെയാണ് ഇപ്പോൾ പ്രസാദിപ്പിക്കുക എൻ്റെ ജീവിതത്തിന് നേരെയും ഞാൻ ആ ചോദ്യം ബദൽ പറഞ്ഞ വചനത്തിന് മുമ്പിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു പൗലസൊപ്പസോളനും തന്നെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇങ്ങനെയൊക്കെ ചില ചിന്തകൾ തന്നോട് തന്നെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഗലാത്തിയലേഖനം ഒന്നാം അധ്യായത്തിൽ പത്താം വാക്യം ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല എപ്പോഴൊരു നാമം നാം പല വശങ്ങളിലായിട്ട് പലരും പല അധികം വശങ്ങളായിട്ടും തുടക്കക്കാരുണ്ട് പല നാളുകളായിട്ട് നമ്മൾ ഈ ഒരു വഴിയിലാണ് ഒരു ലക്ഷ്യത്തിലേക്കാണ് നാം നടക്കുന്നത് അവിടെ നോക്കുക അവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇംഗ്ലീഷിൽ ഈ ഫൈവ് വേർസ് സ്റ്റിൽ ട്രൈങ് ടു പ്ലേസ് ഇപ്പോൾ ഇപ്പോൾ നമ്മളെവിടെയാണ് ഞാൻ ചോദ്യം ആ ഉത്തരമാണ് ഇന്ന് ബ്രദർ ഒരു ചാപ്റ്റർ മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുഴുവൻ നോക്കുക ഒരു അധ്യായം മുഴുവൻ ഒരു അത്ഭുതത്തിൻ്റെ ഒരു കാര്യമാണ് നാം കാണുന്നത് ആ അത്ഭുതം ഒരു കുരുടന സൗഖ്യമാകുന്നു അതേ തുടർന്നുള്ള കുറേ ഈവൻസ് ഒരു സീരീസ് ഓഫ് ഈവൻസ് പല പ്രകാരമുള്ള വ്യക്തികൾ ഫലിസേറുണ്ട് അവിടം അവൻ്റെ കുരടൻ്റെ മാതാപിതാക്കളുണ്ട് യേശുവിൻ്റെ കൂടെ വന്നവരുണ്ട് അവരെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു കാര്യം സ്വാധീനിച്ചത് അപ്പോൾ യേശു എന്താണ് യഥാർത്ഥത്തിൽ അത്ഭുതത്തിലൂടെ ഉദ്ദേശിച്ചതെന്ന് ഇന്ന് നമ്മൾ വലിയൊരു വെളിപ്പാടായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് കാരണം കേവലമൊരു അത്ഭുതം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു അതിനു ചെത്രയും ആത്മീയമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേവലം ഒരു ഒരു സെക്കൻഡ് കൊണ്ട് കർത്താവിന് കൊടുക്കാമായിരുന്നൊരു സൗഖ്യം യോഹന്നാൻ ഒരു അധ്യായം മുഴുവനെടുത്ത് ഈ കാര്യങ്ങളെ വിവരിച്ചപ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ഇന്ന് നമ്മെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചത് പത്ത് ദിവസം യോഹന്നാനസേഷം ആ അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവ് അങ്ങനെ പറയുന്നുണ്ട് മുപ്പത്തി ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായിട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നേശു പറഞ്ഞു നോക്കി ഇതാണ് ഇതിനകത്ത് മർമ്മം ഈ കാര്യങ്ങളിലേക്കീ വേഡ്സ് ആണതൊക്കെ എന്തുകൊണ്ടാണ് ഈ നിലയിൽ ഒരു അത്ഭുതം തുടർന്ന് നോക്കി ഒരു കാര്യം നാൽപ്പതാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവനോട് കൂടെയുള്ള ചില ഫലിസേർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരടരോ എന്ന് ചോദിച്ചു നമുക്ക് ഒരു ഇരക്ഷയാണ് ഇപ്പോഴും നമ്മൾ ഈ ക്രിസ്ത്യ വഴിയിൽ മുമ്പോട്ട് വന്നപ്പോൾ വന്നപ്പോൾ ഒരുപക്ഷെ ഈ ഫലിസേർ കത്താവിൻ്റെ ജീവിതത്തെ അടുത്ത് വീശിച്ച് കൊള്ളാം ഒരു മാനസാന്ദ്രതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമായിരിക്കാം പെട്ടെന്ന് ഇടറിപ്പോയി നോക്കുക നമുക്കും ഇന്ന് ദൈവവും ഭാഗം നിൽക്കുമ്പോൾ ദൈവം ഭാഗം നമുക്ക് തന്നെ സത്യസന്ധമായിട്ട് നമ്മളെ കൊണ്ടുവന്ന് ചോദിക്കാം കത്താവേ ഇന്ന് എന്നോട് സംസാരിച്ച ഈ കാര്യങ്ങളുടെ മുമ്പിൽ സത്യസന്ധതയോടെ നിന്ന് ഞാൻ എൻ്റെ ആ തുപ്പൽ കുഴക്കപ്പെട്ട ആ മഡ് ഞാൻ ഇങ്ങനെ വിചാരിക്കുക പറഞ്ഞപ്പോൾ ലൂക്കോസിൻ്റെ അസോസിയേഷൻ പതിനാറാം അധ്യായത്തിൽ കത്താവ് പറയുന്നുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് ആ വാക്യം ഒന്ന് ചിന്തിക്കാം ലൂക്കോസ് പതിനാറിൽ കത്താവ് പറഞ്ഞൊരു വാക്യത്തോട് ആ തുപ്പൽ കുഴച്ച ചേറിന് ഇന്ന് ബദ്ര ആ കാര്യങ്ങൾ മനുഷ്യൻ്റെ മാനമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഹൃദയത്തിലേക്ക് വന്നൊരു വാക്യമാണ് മനുഷ്യരുടെ ഇടയിൽ പരിചിതമായ വാക്യം മനുഷ്യരുടെ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ ഒരു അതിൻ്റെ ഒരു പ്രതീകമെന്ന വണ്ണമായിരിക്കാം ആ ചേർ തുപ്പൽക്കുഴച്ച ചേർ കണ്ണിൽ പുരട്ടി അവനോട് ആവശ്യപ്പെടുന്ന എന്താണ് നീ ശലോഹ അയക്കപ്പെട്ടവൻ എന്നുള്ള ആ ആ കുളത്തിലേക്ക് പോയി കഴുകുക എന്ന് പറയുമ്പോൾ നാം അമ്മത്തന്നെ ഒന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക നാം ഇങ്ങനെയാണോ ഇന്ന് ദൈവമുമ്പാകെ മ്ലേച്ഛതയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒരു മ്ലേച്ഛതയും ആ നിലയിൽ അന്ധകാരത്തിലാണോ ഞാൻ ഇന്ന് ദൈവം ഇഷ്ടപ്പെടാത്ത ഒന്ന് ദൈവം അപ്രീഷിയേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ദൈവം അംഗീകരിക്കാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യഭയം ഞാൻ തീർച്ചയായിട്ടും ഇത് ഗൗരവത്തോടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ അയക്കപ്പെട്ടവൻ നോക്ക് താനാണ് അയക്കപ്പെട്ടവൻ കർത്താവാണ് അയക്കപ്പെട്ടവൻ അവിടെ ആ വാക്കിൻ്റെ അർത്ഥം എത്ര ആഴത്തിലുള്ളൂ ആ പരിശുദ്ധാൽമാവിലേക്ക് വിളച്ചുകൊണ്ട് ഇവർ പറഞ്ഞു ആ കുളം ആ പരിശുദ്ധാത്മാവിലേക്കാണ് ഞാൻ കഥാവ് തന്നെ അയക്കപ്പെട്ടവനായിട്ട് തന്നെ അയക്കപ്പെട്ടവനായിരിക്കേ കത്താവ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലിലും പതിനാലിലും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് സമയമില്ല അതിലേക്ക് നമുക്കെല്ലാം അറിയാം ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവലി ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് അയക്കും നമുക്ക് അയക്കപ്പെട്ടവൻ്റെ അടുത്തേക്ക് നമുക്ക് രക്ഷിക്കപ്പെട്ടവനാണ് അവൻ്റെ കണ്ണുകൾ നമ്മുടെ അവസ്ഥ ആത്മീയ അവസ്ഥ ആത്മീയമായ ആ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയും നമുക്കത് വ്യക്തമാവുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം പൗരസപ്പസ്വരൻ സ്വയം പരിശോധിച്ചതുപോലെ ഞാൻ മനുഷ്യരുടെ മാനവാണ് ഇന്നും ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ കഥാവ് പറഞ്ഞതനുസരിച്ച് നമുക്കും പോകാം നമുക്ക് പോകാം അയക്കപ്പെട്ടവൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം എത്രമാത്രം പ്രധാനമാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഞാൻ ഒരു വാക്യം കൂടെ ഇതേ തുടർന്ന് ഈ മനുഷ്യഭയം എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യഭയം പലവിധമാണ് പലവിധമാണ് ചില സമയങ്ങളിൽ നമ്മൾ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആശ്വാസത്തിനായിട്ട് മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ അവിടെ ഒരു അംഗീകാരം എൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യം എനിക്ക് വിപരീതമായി നിൽക്കുന്നു അവിടെ എന്നോടൊത്ത് സഹതപിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഈ ആളെത്രമാത്രം അനീതി ആണ് ഈ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ എന്നോട് സഹതപിക്കുന്ന ആൾക്കാരെ ഞാൻ തിരയുന്നതും ഞാൻ മനുഷ്യനെ ഇപ്പോൾ സാധിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അത് ഞാൻ ചിന്തിക്കുകയുണ്ടായി ഇതേ ഇത് സംബന്ധിച്ചൊരു വാക്യം സദസ്യവാക്യങ്ങളിൽ ഇരുപതാം ഇരുപതി ഇരുപതിൽ ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു സദസ്യ വാക്യങ്ങൾ ഇരുപതിൻ്റെ ആറ് മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തിനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആര് കണ്ടെത്തും എന്താണ് അവിടെ പറഞ്ഞത് തന്നോട് തന്നെ ലോയൽറ്റി ഉള്ള അനേകരെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ തന്നോട് തനിക്ക് അല്ലെങ്കിൽ ആ നിലയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരെ ഞാൻ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ തിരിച്ച് എന്നോട് സിംപതൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനായ ഒരുവനെ അല്ല വിശ്വസ്തനായ ഒരുവൻ ആരാണ് നമുക്കറിയാം കർത്താവാണ് കർത്താവാണ് ഈ കാര്യത്തിൽ കർത്താവിനെന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരിശുദ്ധാൽ മാവ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരുവനാണ് അവനാണ് അതാണ് കണ്ടെത്തേണ്ടത് എന്നാണ് ആ വാക്യം പറയുന്നത് അവിടെ പലപ്പോഴും നമ്മൾ പ്രൊവേസ് ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയൊരു വാക്യവുമുണ്ട് ഇരുപത്തി മൂന്നിൻ്റെ പതിനേഴിൽ രണ്ടാം ഭാഗം ഇങ്ങനെ പറയും നീ എല്ലായ്പ്പോഴും യോ യഹോഭക്തിയോട് ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാവും നിശ്ചയം സോറി ഇരുപത്തി മൂന്നാം വാക്യം നീ സത്യം വിൽക്കുകയല്ല വാങ്ങുക വേണ്ടത് നമ്മൾ പലപ്പോഴും സത്യം വിൽക്കുക നമ്മളെക്കുറിച്ചല്ല മറ്റുള്ളവരെക്കുറിച്ചുള്ള സത്യം അവരോട് പഠിപ്പിക്കുക അവരുടെ തെറ്റ് കണ്ടെത്തുക സത്യം വിൽക്കുന്നവരാണ് നമുക്ക് ബോധ്യമായ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ നീ സത്യം വാങ്ങുകയാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ കണ്ട് എന്നെക്കുറിച്ചുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞ് കത്താവിൻ്റെ അടുക്കൽ ചെന്ന് സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ സ്പർശനത്തിനായിട്ട് ആ മ്ലേച്ഛതയുടെ ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവം ബാകയുള്ള മ്ലേച്ഛതയെ ഞാൻ കണ്ട് എന്നെ തന്നെ കഴുകാൻ എന്നെ തന്നെ ദൈവം ബാകെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൗരസപ്പ സ്വലന്ദ്രൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയിലധ്യ കാലത്ത് എത്രമാത്രം ഗൗരവമായിട്ട് എടുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രയധികം ആവശ്യം ഞാൻ എന്നെ തന്നെ മനസാന്തരപ്പെടുത്തുന്നു തീർച്ചയായിട്ടും സത്യസന്ധമായി ദൈവം പാകി നിൽക്കുമ്പോൾ ഈ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുപറയുന്നു ഞാനത് ഇന്നത്തെ വചനത്തിൻ്റെ ഇന്ന് ദൈവം അയച്ച ഈ വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ സുരേഷ് ബിദനും പ്രിയ ഫാമിലിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം